പരിപൂർണമായ ഒരു തൃപ്തി ശാന്തി ആനന്ദം നഷ്ടപ്പെടാത്ത ഒരു സൗഖ്യസ്ഥിതി സർവത്തോഭദ്രമായിട്ടുള്ള ഒരു സൗഖ്യസ്ഥിതി ഇതിനെ തന്നെയാണ് യോഗം എന്ന് ഭഗവാൻ നിർവചിക്കുന്നത് ആ യോഗം എപ്പ സാധ്യമാവും വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അഹങ്കാരം നിശേഷം അസ്തമിക്കുന്നതോടുകൂടെ യോഗസ്ഥിതി വന്നുപോകും ം കർത്തൃത്വഭോക്തൃത്വ രൂപത്തിൽ എന്നിരുന്നു കൊണ്ട് പുറമേക്ക് രാഗദ്വേഷങ്ങളുടെ രൂപത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉള്ളില് ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എന്നുള്ള ഭാവത്തിലുള്ള ചലനം പുറമേക്ക് വ്യക്തികളോടും വസ്തുക്കളോടും രാഗദ്വേഷ രൂപത്തിലുള്ള ബന്ധം രാഗദ്വേഷം കൂടും തോറും ഉള്ളിലുള്ള അഹങ്കാരം ബലം വയ്ക്കും ഉള്ളിലത് ബലം വയ്ക്കുംതോറും പുറമേക്ക് രാഗദ്വേഷം കൂടുകയും ചെയ്യും അപ്പൊ ഈ അഹങ്കാരത്തിന്റെ നിശേഷമായ ശമനം അത് തന്നെയാണ് ഭക്തി ഭഗവത്പ്രാപ്തി ആത്മസാക്ഷാത്കാരം മുക്തി ഒക്കെ നിരഹം സത്യാസ്ഥിതി അഹമുദേ അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതിക്കാണ് സത്യസ്ഥിതി സാക്ഷാത്കാര സ്ഥിതി എന്ന് പറയുന്നു അഹം ഉദയതിയത്ര എന്നുവച്ചാൽ കർത്തൃത്വം ഉദിക്കാത്ത സ്ഥിതി അത് എപ്പൊ സാധ്യമാകും ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോ ജഗത്ത് മുഴുവൻ ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോ സകല കർമ്മങ്ങൾക്കു മൂല കാരണമായി ഉള്ളിലും പ്രേരണകൾ തന്നുകൊണ്ട് പുറമേക്ക് പല സംഭവങ്ങൾ നടത്തിക്കൊണ്ട് വ്യവഹാരങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഒരു മഹാശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അജ്ഞാനം കൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാനില്ലെങ്കിൽ നടക്കില്ല എന്നൊരു തോന്നൽ നമുക്ക് സകല കർമ്മങ്ങളും അല്പം ഒന്ന് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അല്പം ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ അറിയാം ഗർഭപാത്രത്തിൽ കിടന്ന കാലം മുതൽ കൊണ്ട് ആ പരമകൃപയല്ലാതെ വേറെ പ്രവർത്തിച്ചിട്ടില്ല നമ്മളുടെ ബുദ്ധിയുടെ രൂപത്തിലും ശരീരത്തിലുള്ള ഓരോ ചലനങ്ങളുടെ രൂപത്തിലും എല്ലാം നമ്മളുടെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല കാര്യം നടന്നത് പക്ഷേ അജ്ഞാനം അവസാനം എന്ത് ചെയ്തു അജ്ഞാനം ഈശ്വരനോടുള്ള ആ വിശ്വാസം ആ ശരണാഗതിയെ നീക്കിയിട്ട് എന്റെ കർമ്മത്തിലുള്ള വിശ്വാസമാക്കി തീർക്കുന്നു അതാണ് ക്രിയാഭ്രമം എന്ന് ഭാഗവതം വിശേഷിപ്പിക്കുന്നത് ക്രിയാഭ്രമം ക്രിയാഭ്രമം മനുഷ്യനിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മറ്റു മൃഗങ്ങൾക്കൊന്നും ഈ ക്രിയാഭ്രമമോ ദ്രവ്യഭ്രമമോ ഒന്നുമില്ല അവർ നാളെക്ക് വേണ്ടി ശേഖരിച്ചു വെക്കണില്ല ഞാൻ ചെയ്തിട്ട് വേണം നടക്കാൻ എന്നുള്ള ഭാവമില്ല നമുക്ക് ഈ അജ്ഞാനം നമ്മളെ ബലമായി പിടികൂടിയത് കൊണ്ട് കർമ്മവാസനയെ നമ്മൾ ചേർക്കുന്നു ഏത് നടക്കുന്നു അത് നമുക്ക് ബന്ധമല്ല ഏത് ചെയ്യുന്നു അതാണ് ബന്ധം ഇപ്പോ ബാല അവസ്ഥയിലുണ്ടായിരുന്ന കുട്ടി കൗമാരത്തിലെത്തിയത് ചെയ്തതല്ല നടന്നതാണ് സംഭവിച്ചതാണ് എപ്പൊ കൗമാരത്തിലെത്തിന്ന് ആ കുട്ടിക്ക് അറിയില്ല അതിന് പ്രയത്നം ഒന്നും വേണ്ടി വന്നില്ല കൗമാരത്തിലുള്ള ആള് യൗവനത്തിലേക്ക് വരാൻ പ്രയത്നമൊന്നും വേണ്ട അത് സംഭവിക്കുന്നതാണ് അതിൽ പ്രയത്നം ആണ് നമുക്ക് ബന്ധകാരണമായിട്ട് തീരുന്നത് അല്ലാതെ പരിണാമം സഹജമായിട്ട് നടക്കുന്നതല്ല അപ്പോ സകല കർമ്മങ്ങളും കർമ്മങ്ങളും ഇവിടെ സഹജമായിട്ട് നടക്കുമ്പോ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്ന രൂപത്തിലെ അഹങ്കാരം അനാവശ്യമായി നമ്മളെ ദുഃഖിപ്പിക്കണമെന്നാണ് യോഗവാസിഷ്ടത്തില് ശ്രീരാമചന്ദ്രൻ വശിഷ്ഠ മഹർഷിയോട് പറഞ്ഞു ഇത്ര എത്രയോ ജന്മങ്ങളായി കോട്ടരസ്ഥോ യഥാ അഗ്നി ഒരു മരത്തിന്റെ പോട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന തീ പതുക്കെ പതുക്കെ ആ മരത്തിനെ എരിച്ചു കളയുന്ന പോലെ എന്റെ ഉള്ളില് എവിടെയോ ഒളിഞ്ഞുകിടക്കുന്ന അജ്ഞാനമാവുന്ന അഗ്നി അഹങ്കാരൂപത്തിൽ പടർന്നു പിടിച്ച് എത്രയോ ജന്മങ്ങളായി എന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്നിരിക്കുന്നു അഹങ്കാരവശാദാപത് അഹങ്കാരവശാദ് അഹങ്കാരാത് പരോരിപ്പുക ഞാൻ എന്റെ ശത്രുവിനെ കണ്ടെത്തി അഹങ്കാരം രൂപത്തിൽ എന്റെ ഉള്ളിൽ കയറിയിരുന്ന് അഹങ്കാരം എന്നുള്ളത് കൊണ്ട് ഗർവം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അഹങ്കാരത്തിന്റെ മുഴുത്ത രൂപത്തിനെ നമ്മൾ ഗർവം എന്ന് പറയണു ഗർവത്തിനെ അല്ല പറയുന്നത് അഹങ്കാരം എല്ലാവർക്കും ഉണ്ട് നമുക്ക് ദുഃഖമുണ്ടോ അഹങ്കാരമുണ്ട് അഹങ്കാരം തന്നെയാ കാരണം ആയുർവേദത്തിൽ വ്യാധികളെയൊക്കെ കഫം വാദം പിത്തം എന്ന് പിരിച്ചു വേദാന്തികള് സകലവ്യാധിയും ഒരൊറ്റ മൂലകാരണം കണ്ടെത്തി അഹങ്കാരം ആ അഹങ്കാരൂപത്തിൽ ഉള്ളിലിരുന്നുകൊണ്ട് നമുക്ക് കർമ്മ പരമ്പരയെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു സംസാരവ്യാധിയെ ഉണ്ടാക്കിയെടുക്കുന്നു രാഗദ്വേഷങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നു ശാന്തി ഇല്ലാതാക്കി തീർക്കും ഉള്ളില് അനേക വിധത്തിലുള്ള താപങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു അപ്പൊ ഈ അഹങ്കാരത്തിനെ എങ്ങനെ ശമിപ്പിക്കും അത് വാസ്തവത്തിൽ ഉള്ള ഒരു ദ്രവ്യമായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെടുക്കാം അല്ലേ വാസ്തവത്തിൽ ഇല്ലാത്തതാണെങ്കിലോ നമ്മൾക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേ ആവശ്യമില്ല അത് ഉള്ളതുമല്ല ഇല്ലാത്തതുവല്ല പിന്നെ അത് അവിടെ എങ്ങനെ വന്നു അത് ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ട് അതാണ് അത് ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ട് അത് അവിടെ രൂപപ്പെട്ടു അഹങ്കാരം ഉള്ളിലിരുന്ന് നമ്മളെ ദുഃഖിപ്പിക്കുന്നു വിഷമിപ്പിക്കുന്നു പ്രേതം എങ്ങനെ ഉണ്ടായി ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടും ഉണ്ടായി അതെ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടും ഉണ്ടായി വിശ്വാസത്തോടുകൂടെ സമീപിച്ചാൽ കാണും ഈശ്വരനോട് വിശ്വാസം വേണ്ട നമ്മുടെ പുരാണങ്ങളിലോട് പുരാണങ്ങളിൽ എവിടെയും ഈശ്വര വിശ്വാസം എന്നുള്ള വാക്കേ ഇല്ല ഭക്തിയെ ഉള്ളൂ നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പില്ലാത്ത സാധനത്തിനോടാണ് വിശ്വാസം ഇവിടെ വിശ്വാസമല്ല ഭക്തി ഈ അഹങ്കാരം നമുക്ക് ദുഃഖിപ്പിക്കാൻ കാരണം ഞാൻ ഒരു പ്രത്യേക വ്യക്തിയായിട്ടുള്ളത് സത്യമാണെന്നുള്ള വിശ്വാസം ആ ജീവാഹന്തയെ ബലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അത് എപ്പോ ഇല്ലാതാവും മാത്രമേ ഉള്ളൂ എല്ലാം ഭഗവാൻ ചെയ്യുന്നു ഭഗവാന്റെ കയ്യില് ഞാൻ വെറു യന്ത്രം ഭഗവാൻ യന്ത്രീ ഞാൻ യന്ത്രം ഭഗവാന്റെ ഇച്ഛയാണ് നടക്കുന്നത് ഞാൻ ആരുമല്ല എന്നുള്ള ഒരു ഭാവം ദൃഢമായാൽ ഉള്ളില് ശരീരം മനസ്സ് ബുദ്ധി ഒക്കെ ഭഗവാൻ അർപ്പിക്കുകയാണെങ്കിൽ അതാണ് ഭാഗവതധർമ്മം കായേന വാച മനസേന്ദ്രിയർവ എല്ലാം അർപ്പണം അർപ്പിക്കുകയാണെങ്കിൽ ഈ ക്ഷണം നമ്മൾ വിമുക്തരായിട്ട് സ്വതന്ത്രരായിട്ട് തീരും ആ എന്ന് പറയുന്നത് തന്നെ വളരെ ഉയർന്ന ഒരു സ്ഥിതിയാണ് അതിനുപോലും നമ്മളുടെ ബുദ്ധി പക്വമാവില്ല നമ്മളുടെ ഉള്ളിലുള്ള വൈഷമ്യങ്ങളെ ആദ്യം നമ്മൾ കാണണം ഈ അഹങ്കാരം എപ്പ അസ്തമിക്കുന്നു വെച്ചാൽ കഴിയില്ല എന്ന് തോന്നുമ്പഴേ അസ്തമിക്കുള്ളൂ കഴിയില്ല എന്നുള്ളത് അത്ര പെട്ടെന്ന് തോന്നില്ല നമ്മള് വെറുതെ നമ്മളെ എന്തൊക്കെ എന്താവും എന്നൊക്കെ നമ്മൾ വായു കൊണ്ട് പറയും അല്ലാതെ ഉള്ളു ചെയ്തിട്ടില്ലെങ്കിൽ നടക്കുവോ താൻ പാതി ദൈവം പാതി അങ്ങനെ ഒന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടോ നമ്മള് ഉം അടുത്ത് പറഞ്ഞോ അമ്മ പഠിക്കടാ താൻ പാതി ദൈവം കുട്ടി പറഞ്ഞ പോലത്തെ ദൈവത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് കിട്ടിയാൽ ഞാൻ പാസ്സായിക്കോളും എന്നാണ് താൻ പാതി ദൈവം പാതി എന്നുള്ളതിന്റെ അർത്ഥം ആലോചിച്ചു നോക്കിയാൽ നമ്മളുടെ പാതി എന്താന്ന് വെച്ചാൽ മാക്സിമം പരിശ്രമം പരിശ്രമിച്ചു ഒരു സ്ഥിതി എത്തുമ്പോ അങ്ങോട്ട് കടക്കാൻ പറ്റാതെ നമ്മൾ വലഞ്ഞു പോയി സ്വയമേവ അഹങ്കാരം ഉള്ളില് ആ അടങ്ങുമ്പോ ബാക്കി പകുതി ദൈവം ചെയ്തുകൊള്ളും എന്നാണ് എന്നുവെച്ചാൽ തന്നെ വിഴുങ്ങിക്കോളും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളിൽ വരണം പുറമേക്കുള്ള മനസ്സിന് വന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ അത്യധികം ദുഃഖം ഉണ്ടാവുമ്പോ ആപത്തുണ്ടാവുമ്പോ വിഷമങ്ങൾ ഉണ്ടാവുമ്പോ അഹങ്കാരത്തിന്റെ മൊനമ്പ് പൊട്ടും ഭഗവാന്റെ അനുഗ്രഹമാണ് ദുഃഖത്തിന് കാരണം എന്നാണ് ഈശസ് കൃപയാ ദുഃഖം ആഗമിഷ്യതിദേഹിനു വിരതിം ദാത്തും തസ്മാത് ദുഃഖം നഗർഹയേത് ഭഗവാന്റെ പരമ കൃപ കൊണ്ട് ജീവന് ദുഃഖം ഉണ്ടാവണമെന്ന ദുഃഖം ഉണ്ടാവുമ്പോ ഈ ദുഃഖം ഈ അഹങ്കാരത്തിന് തീവിക്കും വലിയ സമർത്ഥനായിട്ട് കരുതിയിരുന്നവൻ തന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് കഴിയുമ്പോൾ അഹങ്കാരം വേരറ്റുപോകും ഭാഗവതത്തിൽ ഗജേന്ദ്ര മോക്ഷം ആ ആന പ്രബലനായിരുന്നു ആന എന്ന് വെച്ചാൽ ആനയല്ല ശുഖബ്രഹ്മ മഹർഷിയുടെ ഒരു സ്വഭാവമാണ് നമ്മളെ വ്യക്തികൾ എന്ന് പറയുന്നതിന് പകരമേ നമ്മളിപ്പോ ചിലപ്പോഴൊക്കെ പറയുമല്ലോ ചിലരെ നേരിട്ട് പറയണ്ടെങ്കിൽ അവര് മനസ്സിലാക്കുകയും വേണം അതിനുവേണ്ടി അതെ ഇവിടെ ഒരാളെ ഒരുപാട് കാണിക്കണം ഞാൻ പറയണ്ട ഇവിടെ ഒരാള് വെച്ചാൽ അയാൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നർത്ഥം ഇവിടെ ഒരാളെ അയാളുടെ വിചാരം എന്താ എന്ന് പറഞ്ഞാൽ അയാൾ മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ ഒരാള് എന്നാണ് അല്ലെങ്കിൽ പറയാതെ വേറെ വല്ല പേര് പറഞ്ഞിട്ട് പറയും മനസ്സിലാക്കിക്കൊള്ളണം അതുപോലെ ശുഖബ്രഹ്മ തികച്ചും ായ ഒരു മനുഷ്യന്റെ ഒരു സാധകന്റെ സ്ഥിതിയെ കാണിക്കാനാണ് ഗജേന്ദ്രമോക്ഷം കഥ പറയണത് ഒരു ആനയെ അവതരിപ്പിച്ചത് അവിടെ ആന സ്വയം ബലമുള്ള സാധനം അല്ലെ തന്റെ ബലം അതും മറ്റ് ആനകളുടെ ഒക്കെ അവരുടെ നേതാവിനെ തോൽപ്പിച്ച ആ കൂട്ടത്തിന് താൻ ലീഡറായിട്ട് തീർന്നു അപ്പോ ആ തന്റെ ബലം തന്റെ ആൾബലം പുറകെ തനിക്ക് കൂട്ടാളികളുടെ ബലം അപ്പൊ താനിരിക്കുന്ന ഒരു പൊസിഷൻ തന്റെ ബലം തന്റെ കൂട്ടാളികളുടെ ബലം ഇത്രയും ഉള്ള ഒരു മനുഷ്യന്റെ സ്ഥിതി എത്ര കണ്ട അഹങ്കാരത്തിന് ബലമുണ്ടാവണം അപ്പൊ ഭ്രമം ഉണ്ടാവും തന്നെ എന്തും സാധിക്കും എന്നുള്ള ഭ്രമം ഉണ്ടാവും ആ സ്ഥിതിയിലാണ് ആ സരസില് മുതല കാലില് പിടിച്ചതും വലിച്ചു നോക്കി വലിച്ചു വലിച്ചു നോക്കി ഒരു രക്ഷയില്ല പതുക്കെ പതുക്കെ കൂട്ടാളികളോട് ഓരോരുത്തരോടായി സഹായം അഭ്യർത്ഥിച്ചു കൂടെ നിൽക്കുന്ന ആനകളൊക്കെ വലിച്ചു നോക്കി രക്ഷയില്ല അപ്പോഴാണോ മനസ്സിലായത് തന്റെ ബലവും പ്രയോജനപ്പെട്ടില്ല ആരെ വിശ്വസിച്ചിരിക്കുന്നു അവരുടെ ബലവും പ്രയോജനപ്പെട്ടില്ല ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ബലത്തിനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ വിശ്വസിച്ചിരിക്കുന്നവരുടെ ബലവും പോരാ ഉം നമുക്കറിയുന്നൊരു ആള് സീരിയസ് ആയിട്ട് സുഖൂല്യാതായി അപ്പോ ചില ഇന്നർ പ്രോബ്ലംസ് ലങ്സിലൊക്കെ ചില പ്രോബ്ലംസ് ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട ഇതിനൊരു ഓപ്പറേഷൻ ചെയ്യണം അത് ഞാൻ ചെയ്തോളാം ഭാര്യയും മക്കളും കരഞ്ഞപ്പോൾ യാതൊരു വിധത്തിലും പേടിക്കണ്ട നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ മോചിപ്പിച്ചു തരാം എന്ന് വാക്കുകൊടുത്തു നാളെ ഓപ്പറേഷൻ രാവിലെ ഡോക്ടർ വന്നില്ല ഡോക്ടർ രാവിലെ ഹാർട്ട് അറ്റാക്കിലും മരിച്ചു ആരെ വിശ്വസിക്കാൻ പറ്റും നമുക്ക് ഈ ലോകത്തില് ആരെ വിശ്വസിക്കും ഏതാളെ വിശ്വസിക്കും വിശ്വസിക്കും അതാണ് എത്ര മൃത്യുഹൂ പരസ്പരം അതുകൊണ്ടാണ് ഉത്തര കൃഷ്ണന്റെ കാലിൽ ചെന്ന് വീഴുമ്പോ അടുത്ത് യുധിഷ്ഠിരൻ നിൽക്കുന്നുണ്ട് ഭീമൻ നിൽക്കുന്നുണ്ട് അർജുനൻ നിൽക്കുന്നുണ്ട് അവരെയൊന്നും ശ്രദ്ധിക്കാതെ താൻ തനിക്ക് ബഹുമാന്യവരായ അവരെ വിട്ടിട്ട് ഭഗവാന്റെ കാലിൽ വീഴുമ്പോ അവിടെ സുഖബ്രഹ്മ മഹർഷി പറയുന്നു സൂതൻ പറയുന്നു കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും മൃത്യുവുണ്ട് അതുകൊണ്ട് മൃത്യുവിന്റെ കാര്യത്തിൽ ഇവരുടെ അടുത്ത് ശരണാഗതി ചെയ്തിട്ട് ഒരു പ്രയോജനമല്ല എല്ലാരും നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറയാം ആർക്കെങ്കിലും പറ്റുമോ അപ്പൊ ഈ ആനയ്ക്ക് തന്റെ ബലവും പ്രയോജനപ്പെട്ടില്ല വിശ്വസിച്ചിരിക്കുന്നവരുടെ ബലവും പ്രയോജനപ്പെട്ടില്ല എന്ന് കാണുമ്പോഴാണ് യഹ് കശനേഷവും ബലിനോന്ത്ഗോരത് പ്രചണ്ഡ വേഗാഭിധാവൃശം ഭീതം പരിപാടി യു മൃത്യു പ്രധാവത്തി അരണമഹീ ക ഈശഹാനാണ് ഏതോ ഒരു ഈശ്വരൻ ഒരു മഹാശക്തി പ്രപഞ്ചത്തിൽ സകല ചലനങ്ങൾക്കും മൂലകാരണമായി നിൽക്കുന്നു പ്രപഞ്ചത്തിൽ സകലസ്പന്ദനങ്ങൾക്കും മൂലകാരണമായിട്ട് നിൽക്കുന്ന ആ മഹാശക്തിയുടെ ആജ്ഞയനുസരിച്ച് മരണം പോലും ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് മൃത്യു പ്രധാവതി ഭീഷാസ്മാത് വാത്ത പവത്തെ ഭീഷദേതി സൂര്യ ഭീഷാസ്മാഗ്നിശേന്ദ്രശ് മൃത്യുർാവതി പഞ്ചമിതി ആനന്ദമീമാംസ ഉപനിഷത്ത് പറയുന്നു ഏത് ഭഗവാനെ പേടിച്ചിട്ടെന്ന പോലെയാണോ ഇവിടെ സൂര്യൻ പ്രവർത്തിക്കുന്നത് ചന്ദ്രൻ പ്രവർത്തിക്കുന്നത് വായു വീശുന്നത് മരണം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ സകല കർമ്മങ്ങൾക്ക് മൂലകാരണനായിട്ടുള്ള ആ മഹാശക്തി യക്കശന ഈശാണ് ആരാൻ വിഷ്ണുവോ ശിവനോ ഒന്നും അറിയില്ല ആനയ്ക്ക് ആര് പറഞ്ഞുകൊടുക്കും അവനാരെന്ന് പറയാനാ മനുഷ്യരാകുമ്പോൾ മനുഷ്യരെ പോലെ ഭാവന ചെയ്യുന്നു ഒരു ആന ഏത് രീതിയിൽ ഭാവന ചെയ്യുന്നു ഏതോ മഹാശക്തി ആ ശക്തിക്ക് ഞാൻ ശരണാഗതി ചെയ്യുന്നു അവന് നാമം രൂപമൊക്കെ അവനവന് എന്തെന്ത് നാമം കൊടുത്താൽ അവന്റെ നാമം തന്നെ എന്തു രൂപം കൊടുത്താൽ അവന്റെ രൂപം തന്നെ സവൈന ദേവാസുരമർത്യതിര്യ നീന ഷണ്ഡോ ന പുമാജന്തുണ നസന്നിഷേധ ശേഷോ ജയതാത് അശേഷൻ ദേവനോ മനുഷ്യനോ സ്ത്രീയോ പുരുഷനോ കർമ്മമോ സത്തോ അസത്തോ ഒന്നുമല്ല എല്ലാം തള്ളിക്കളഞ്ഞാൽ തള്ളാനും കൊള്ളാനും കഴിയാതെ നിൽക്കുന്ന സകലാത്മാവാണവൻ ജഗത്തിൽ എല്ലാമായി നിൽക്കുന്ന മൂലമായിട്ടുള്ള വസ്തുവാണവൻ ആ മൂലവസ്തുവിന് ഞാനിതാ ശരണാഗതി ചെയ്യുന്നു ശരണാഗതി ചെയ്തപ്പോ ഭഗവാൻ ആ ഗജേന്ദ്രന്റെ ശരണാഗതി ചെയ്ത് എന്തു ചെയ്തു ഒരു താമര എടുത്തെറിഞ്ഞു അല്ലെ മനസാകുന്ന താമരയെ ഭഗവാനെ അർപ്പിച്ചു തന്നെ തന്നെ അർപ്പിച്ചു ഭഗവാനർപ്പിച്ചപ്പോ കാലമാവുന്ന മുതലയെ ഭഗവാൻ സുദർശനം ജ്ഞാനമാവുന്ന ചക്രം കൊണ്ട് ഛേദിച്ചു ഇതൊന്നും എന്റെ വ്യാഖ്യാനം ഭാഗവതത്തിൽ സുവ്യക്തമായി ശ്രീ സുഖബ്രഹ്മ മഹർഷി പറയുന്നു അന്തകോരകം എന്നാണ് അന്തകോരകം എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് അന്തകനാവുന്ന ഉരകൻ കാലമാവുന്ന മുതല കാലമാവുന്ന മുതലയെ ഭഗവാൻ ഭഗവാൻ പ്രകാ വിഷ്ണു മുമ്പിൽ വന്നു എങ്ങനെ വന്നു ഛന്തോമയേന ഗരുഡേന സമൂഹ്യമാനഹ വേദമാവുന്ന ജ്ഞാനമാവുന്ന ഗരുഡനിൽ പ്രകാശിച്ചു എപ്പോ ഒരാള് ഗജേന്ദ്രനെ പോലെ ശരണാഗതി ചെയ്യുന്നുവോ തന്റെ കർമ്മത്തിലുള്ള വിശ്വാസത്തിലും താൻ ആശ്രയിച്ചിരിക്കുന്നവരുള്ള വിശ്വാസവും വിട്ട് ഭഗവാനു പരിപൂർണമായ പ്രപത്തി ഏർപ്പെടുമ്പോ അപ്പൊ ഭഗവാൻ അവരുടെ വിഷയത്തില് ഭഗവാൻ ചുമതലപ്പെട്ടവനാവുന്നു ഭഗവാൻ അവരെ ഏറ്റെടുക്കണോന്നർത്ഥം അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം യാതൊരു വിഷമല്ല എപ്പ ഈ ശരീരവും മനസ്സുമൊക്കെ ഭഗവാൻ അർപ്പിതമായോ എപ്പ ഭഗവാൻ ഈ ശരീരത്തിന്റെ വിഷയത്തിൽ ഈ മനസ്സിന്റെ വിഷയത്തിൽ ഈ ബുദ്ധിയുടെ വിഷയത്തിൽ എന്റെ വിഷയത്തിൽ ഭഗവാൻ ചുമതലപ്പെട്ടുവോ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം എന്റെ വിഷയത്തിൽ ഈശ്വരന് ചുമതലയാണെങ്കിൽ ഞാൻ എന്തിനു പിന്നെ ഭയപ്പെടണം അപ്പോ ഭഗവാന് ശരണാഗതി ചെയ്ത ആൾക്ക് ഭഗവാൻ അഭയം കൊടുക്കുകയാണെങ്കിൽ അതോടുകൂടെ ഈ അഹങ്കാരം നിശേഷം അസ്തമിച്ചാൽ നിരന്തര ധ്യാനം ഉണ്ടാവും ധ്യാനം അപ്പൊ സഹജമായിട്ട് തീരും ധ്യാനത്തിനെ നമ്മൾ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല അഹങ്കാരം അസ്തമിച്ചാൽ ധ്യാനമാണോ ഉള്ളത് ധ്യാനത്തിനെ നമ്മൾ എവിടുന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ധ്യാനം നമ്മളുടെ സ്വാഭാവികമായ സ്ഥിതിയാണോ ധ്യാനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ ചിത്രവൃത്തികൾ ചിത്തവൃത്തികൾ എങ്ങനെയോ ഉണ്ടായി അഹങ്കാരം മൂലമായിട്ട് നിന്നുകൊണ്ട് ചിത്തവൃത്തികളുണ്ടായി അഹങ്കാരം ഇല്ലെങ്കിൽ ചിത്തവൃത്തികളും ഉണ്ടാവില്ല ചിത്തവൃത്തികളില്ലെങ്കിൽ ഉള്ളത് ധ്യാനമാണ് നിശ്ചലത അപ്പോ ആ ധ്യാനത്തിന് നമ്മളെ പരിപാകപ്പെടുത്താനുള്ള സാധനയാണ് ഇപ്പൊ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്യന്തികമായി ധ്യാനസിദ്ധി നമുക്കെപ്പോ ഉണ്ടാവും എന്ന് വെച്ചാൽ ധ്യാനിക്കണവൻ ഇല്ലാതായാൽ ധ്യാനസിദ്ധി ഉണ്ടാവും രമണു മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു എങ്ങനെയാ ധ്യാനിക്കേണ്ടത് എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു ധ്യാനിക്കണവൻ ആരാണെന്ന് കണ്ടുപിടിക്കൂ ഈ ഞാൻ ധ്യാനിക്കണോ ഈ ധ്യാനിക്കണ ഞാൻ ആരാ ഈ ഞാൻ എന്നൊന്ന് അംഗീകരിച്ചുകൊണ്ടല്ലേ ഈ ധ്യാനിക്കണം ഈ ധ്യാനിക്കുന്ന ഞാൻ ആരാ ഈ ചോദ്യം വിടാതെ ഇരുന്നാൽ ആ ചോദ്യം തന്നെ ധ്യാനം ആ ചോദ്യം ഹൃദയത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാം പൂച്ച ചില മാളത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കും എലി പുറത്തേക്ക് തലയിടണുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും തല പുറത്തേക്ക് ഇട്ടാ പിടിക്കുന്നു അതുപോലെ ജാഗ്രതയോടുകൂടെ ഞാൻ എന്ന് പൊന്താനനുവദിക്കാതെ ജാഗ്രതയോടുകൂടെ ഹൃദയ കവാടത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് ധ്യാനം അപ്പോ ആ ഒരു ധ്യാനത്തിന് നമുക്ക് പക്വത വേണം പക്വത വെച്ചാൽ സത്വഗുണം വേണം സത്വഗുണമുണ്ടെങ്കിലേ ധ്യാനിക്കാൻ പറ്റുകയുള്ളൂ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ധ്യാനിക്കാൻ പറ്റില്ല രജോഗുണത്തിൽ എത്ര ശ്രമിച്ചിട്ട് നമ്മൾ ധ്യാനിക്കാൻ ഇരുന്നാലും മനസ്സ് ചപലമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും തമോ ഉറക്കം തോന്നും അല്ലെങ്കിൽ ക്ഷീണം തോന്നും ശരീരത്തിന് ഗൗരവം ഉണ്ടാവും ശരീരം വെയിറ്റ് പോലെ തോന്നും അപ്പൊ തമോ ധ്യാനിക്കാൻ പറ്റില്ല രജോ ധ്യാനിക്കാൻ പറ്റില്ല സത്വഗുണം സത്വാത് സഞ്ചായത്തെ ജ്ഞാനം ശരീരം ലാഘവത്തോടെ ഇരിക്കും എളുപ്പത്തിൽ മനസ്സ് ഭക്തിയില് രമിക്കും നാമ ജപിക്കുന്നതിൽ രുചിയുണ്ടാവും സങ്കീർത്തനത്തിൽ രുചിയുണ്ടാവും ഭജനത്തിൽ രുചിയുണ്ടാവും ഭഗവാനെ ധ്യാനിക്കണതിൽ നമുക്ക് രുചിയുണ്ടാവും ആ സത്വഗുണം എങ്ങനെ ഉണ്ടാവും ആഹാരശുദ്ധവും സത്വശുദ്ധി സത്വശുദ്ധൌ്രുവാ സ്മൃതി സ്മൃതേലാപേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ തസ്മൈ മൃദിതകഷായ തമസ്പാരം ദർശയതി ഭഗവാൻ സനത്കുമാരഹ സാന്തോഗി ഉപനിഷത്ത് പറയുന്നു ആഹാരം ശുദ്ധമായാൽ സത്വം ശുദ്ധമാവും സത്വം ശുദ്ധമായാൽ ആത്മസ്മൃതി ഉണ്ടാവും ആത്മാവിനെ ഓർമ്മ വരും എന്നാണ് മറന്നുപോയത് തിരിച്ചു കിട്ടുന്നു അപ്പൊ ആഹാരം എങ്ങനെ ശുദ്ധമാവും ആഹാരം എന്ന് വെച്ചാൽ വായകൊണ്ട് എടുക്കണത് മാത്രമല്ല എന്നാണ് കണ്ണുകൊണ്ട് എടുക്കണത് ചെവി കൊണ്ട് എടുക്കണത് മൂക്കുകൊണ്ടെടുക്കണത് നാവ് കൊണ്ട് എടുക്കണതൊക്കെ ആഹാരമാണ് ടി വി നോക്കണതും ആഹാരമാണ് പേപ്പർ വായിക്കണതും ആഹാരമാണ് വായ കൊണ്ട് വർത്തമാനം പറയണതും ആഹാരമാണ് ചെവി കൊണ്ട് പലതും കേൾക്കണമല്ലോ അതും ആഹാരമാണ് ഉള്ളിലേക്ക് എടുക്കുന്നതൊക്കെ ആഹാരമാണ് അപ്പൊ ഇതൊക്കെ ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധമാവുമെന്ന് അതുകൊണ്ടാണ് ഭക്തന്മാരൊക്കെ ഒരേ പോലെ പ്രാർത്ഥിച്ചു ഭഗവാനെ കണ്ണുകൊണ്ട് അവിടുത്തെ രൂപം കണ്ടുകൊണ്ടിരിക്കണം ഭാഗവതത്തില് നളകൂപരമണിഗ്രീവന്മാര് വലിയ പണക്കാരുടെ മക്കളാണ് അവര് കുബേരന്റെ മക്കളായിരുന്നവര് ശാപം കൊണ്ട് നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് മരങ്ങളായിട്ട് നിന്നു അപ്പൊ അവർക്ക് വീണ്ടും മോചനം കിട്ടിയപ്പോ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് പ്രഭു ഗതികെട്ടുപോയി ഞങ്ങള് ഇനിയും തിരിച്ചു പോയിട്ട് കുബേരന്റെ മക്കളാണ് അവിടെ ഫൈവ് സ്റ്റാർ അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ പോയി ഇനി നശിച്ചു നാറിപ്പോവാനിടേണ്ട അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ മുഴുവൻ ശുദ്ധമായിട്ടിരിക്കണം എന്നാണ് വാണീഗുണാനു കഥനെ ശ്രവണൂ കഥാ ഹസ്തൗ ചർമ്മസു മനഹാത്തവ പാദയോ നഹസ്മൃത്യാ ശിരഹാ തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടി സതാ ദർശനേസ്വത്തനൂനം കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപം കാണുക ആദ്യമൊക്കെ എല്ലാത്തിനെയും ബ്രഹ്മമായിട്ട് കാണുക എന്ന് വെച്ചാൽ പറ്റില്ല അതുകൊണ്ട് കഴിയുന്നതും ശുദ്ധമാക്കിക്കൊള്ളണം ടെലിവിഷം കഴിയുന്നതും വേണ്ട വേണ്ടാത്തത് കഴിയുന്നതും ഉപേക്ഷിക്ക ആവുന്നത്ര ചെവി കൊണ്ട് കേൾക്കുന്നതും കഴിയുന്നതും ശുദ്ധമാക്കുക എല്ലാത്തിനും ലിമിറ്റേഷൻ നമ്മൾ താമസിക്കുന്ന സ്ഥലം എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കും വായ കൊണ്ട് വർത്തമാനം പറയുന്നത് കഴിയുന്നത് ശുദ്ധമാക്കാം വേണ്ടാത്ത പറയേണ്ടി വന്ന വായ അടച്ചോളാം ശ്രവണോ കഥായം ഹസ്തൗച്ച് ശരീരത്തിനെയും ഭഗവത് പൂജയ്ക്കും ആരാധനയ്ക്കും ഉപയോഗിക്കാതാണ് അപ്പൊ ഒക്കെ ശുദ്ധമാവുന്നതാണ് അപ്പൊ ഇതുകൊണ്ടൊക്കെ ചെയ്യുന്ന ക്രിയകൾ ശുദ്ധമായാൽ ആഹാരം ശുദ്ധമായി അതേപോലെ വായ കൊണ്ട് കഴിക്കുന്ന ആഹാരം വളരെ പ്രധാനം അത് ാത്വികമായ ആഹാരം നമുക്ക് എത്ര കണ്ട് വേണോ അത്ര മാത്രമായിട്ട് ആഹരിക്കുകയാണെങ്കിൽ ഭഗവാൻ ഇന്നലെ പറഞ്ഞ ലക്ഷണം യുക്താഹാരമായിട്ട് തീരും അതും ആഹാരം നല്ല സാത്വികമായ അരിയും പച്ചക്കറിയും ഒക്കെ ആണെങ്കിൽ പോലും അത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ പാചകം ചെയ്യണം എന്നിട്ട് ഭോഗത്തിന് വേണ്ടി ഭക്ഷിക്കരുത് യോഗത്തിന് വേണ്ടി ഭക്ഷിക്കണം ഈ ശരീരം നിലനിർത്താൻ വേണ്ടി ഭക്ഷണം അല്ലാതെ രുചിക്ക് വേണ്ടി ഭക്ഷണം എന്നുള്ള ഭാവം മാറ്റിയാൽ ദോഷം ചെയ്യില്ല എന്നാണ് ചില ഭാഷ്യക്കാരന്മാരുടെ അഭിപ്രായം ആഹാരം കഴിക്കുന്ന രീതി മാറ്റിയാൽ മതി എത്ര ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മളുടെ വശത്തല്ലെങ്കിൽ ഉണ്ടാക്കുന്നതൊന്നും നമ്മളുടെ കയ്യിലല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി വശപ്പ് മാറാൻ വിശപ്പെന്നുള്ള രോഗം മാറാൻ ആചാര്യസ്വാമികൾ പറയുന്നു ക്ഷുദ് വ്യാധിഷ്ഠ സന്യാസികൾക്കുള്ള ഉപദേശമായത് കൊണ്ട് പ്രതിദിനം ഭിക്ഷൌഷം എന്ന് പറഞ്ഞു വിശപ്പ് എന്നുള്ള വ്യാധിക്ക് ചികിത്സ ചെയ്യൂ ട്രീറ്റ്മെന്റ് ദിവസവും അവിടെ ചെന്നിട്ട് ഭിക്ഷ കിട്ടണത് തിന്ന എന്നാണ് ഭിക്ഷന്ന് പറയുന്നത് ഔഷധം കഴിക്കുക പ്രതിദിനം ഭിക്ഷൌഷം ഭുജ്യതാം സ്വാധ്വന്നം നതുയാജ്യതാം വിധിവനെ സന്തുഷ്യതാം അല്ല സ്വാതി ഇത് എന്ത് കൂട്ടാനാ ഇത് കൂട്ടാനാണ് ഇതിൽ ഉപ്പ് അധികം മഴകൊന്നും പറയാൻ പാടില്ല അത്രേ സ്വാധ്വന്നം നതുയാച്യതാം സ്വാദിഷ്ടമായിട്ട് വേണമെന്ന് ചോദിക്കരുത് വിധിവ പ്രാപ്തേന സന്തുഷ്യതാം ഉപ്പില്ലാത്തതാണ് കിട്ടിയതെങ്കിൽ മിണ്ടാതെ കഴിച്ച ഉള്ള നമുക്ക് ഭഗവാൻ വിധിച്ചിരിക്കുന്നത് അതാണ് ഒരു ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാവുമായിരിക്കും നമുക്ക് ബി വരാതിരിക്കണമെങ്കിൽ ഉപ്പില്ലാതെ ഇന്ന് കഴിക്കണം അപ്പൊ അത് കഴിച്ചോളാം എന്താണ് വിധിവശാത്ത് പ്രാപ്തേന സന്തുഷ്യതം അപ്പോ ആഹാരത്തിന്റെ വിഷയത്തിൽ ആചാര്യസ്വാമികളുടെ ഉപദേശമാണ് വിശപ്പ് എന്നുള്ളത് വ്യാധി എന്ന് കണക്കാക്കുകയാണെങ്കിൽ വ്യാധിക്കുള്ള ചികിത്സ എന്താ കിട്ടുന്നത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചോളാം സന്യാസികൾ എന്ത് വെച്ചാൽ നാലോ അഞ്ചോ വീട്ടില് ഭിക്ഷ എടുക്കും കുറച്ച് കുറച്ചായിട്ട് എന്നിട്ട് അതൊക്കെ കൊണ്ടുപോയിട്ട് നദിയില് വെള്ളത്തില് കൊണ്ടുപോയി മുക്കും മുക്കിയിട്ട് കഴിക്കും അതിന്റെ പ്രത്യേക രുചി അറിയാതിരിക്കാനായിട്ട് അപ്പോ ഔഷധം പോലെ മരുന്നു പോലെ കഴിക്കുന്നതാണ് ആഹാരം അങ്ങനെയാണെങ്കിൽ ആഹാരം ശുദ്ധമാവും യുക്തമാവും യുക്തം എന്നു വച്ചാൽ നമുക്ക് ശരീരത്തിന് ലാഘവം തരുന്നതും വിശപ്പ് മാറ്റുന്നതും തപസ്സിന് ഉപയോഗപ്പെടുന്നതും ആയിരിക്കാം തപസ്സിന് നമ്മളെ സഹായിക്കുന്ന ആഹാരവുമായിരിക്കാം അങ്ങനെയായാൽ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധസ് ഉറങ്ങേണ്ട സമയം യുക്തമായിരിക്കണം അവബോധം യുക്ത അവബോധം എന്ന് വെച്ചാൽ ജാഗ്രതയായ ധ്യാനം ഇപ്പോഴും ഉണർവോടെ ഇരിക്കണം എന്നാണ് പകുതി ഉറക്കം പകുതി ജാഗ്രത എന്നുള്ള അവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല ഉറങ്ങേണ്ട സമയത്ത് നല്ലവണ്ണം ഉറങ്ങാം അതിനും ഒരാചാര്യൻ മനോഹരമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഉറങ്ങണം എന്ന് പറഞ്ഞു ഉറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് സാധകന്മാര് ഭക്തന്മാര് നാമം ജപിച്ച് ധ്യാനിച്ച് ഇത്ര നേരം ഇരുന്നിരുന്ന് ജപിച്ചു ക്ഷീണിച്ചു അപ്പൊ കിടന്ന് ജപിക്കാം എന്ന് പറഞ്ഞ് കിടന്നുകൊണ്ട് ജപിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഉറക്കം വന്ന് ഉറങ്ങിപ്പോണം എന്നാണ് ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാൻ പാടില്ല എന്നാണ് തിന്നാൻ വേണ്ടി തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞു ഉറങ്ങാൻ വേണ്ടി ഉറങ്ങാൻ പാടില്ല ക്ഷീണിച്ചിട്ട് ശരീരം സ്വയമേവ് ഉറങ്ങിപ്പോവുക അങ്ങനെ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് ഉറക്കം പോയ ഉടനെ എഴുന്നേക്കുക ഇങ്ങനെ ഇതൊക്കെ പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻസ് ജാഗ്രതയോടെ ഉത്തിഷ്ഠത ജാഗ്രത ജാഗ്രത എന്താ ശരീരം മനസ്സ് ബുദ്ധി ഇതൊന്നും താൻ അല്ല എന്നുള്ള അറിവോടെ വർത്തിക്കലാണ് ജാഗ്രത എന്താന്ന് വെച്ചാൽ ആ ജാഗ്രത ഇല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കടിക്കും കടിക്കുന്ന വെച്ചാൽ ദേഹത്തിന് കുഴപ്പങ്ങളൊക്കെ എന്റേതാണെന്ന് കരുതുമ്പോൾ ആ ക്ഷണം എനിക്ക് വീഴ്ചയുണ്ടാവും മനസ്സിന് വരണ ദൂഷ്യങ്ങളൊക്കെ എന്റേതാണെന്ന് കരുതുമ്പോൾ ആ ക്ഷണം എനിക്ക് വീഴ്ചയുണ്ടാവും അപ്പൊ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇത് അനാത്മാവാണെന്ന് അറിഞ്ഞോളൂ ഇതാണ് നമ്മളുടെ മേലെ വെച്ച് കെട്ടിയിരിക്കുന്ന ഉപാധി ഇതിനെ ഉപാധി എന്ന് പറയും ഈ ഉപാധികളെ മാറ്റി നിർത്തിയാൽ ഈശ്വര സാക്ഷാത്കാരമായി ഈശ്വര സാക്ഷാത്കാരത്തിന് ഇപ്പോഴത്തെ അവസ്ഥക്കും വ്യത്യാസം ഇത്രയേ ഉള്ളൂ ഉപാധികളെ അഴിച്ചു മാറ്റിയാൽ ഉള്ളത് ഈശ്വരനാണ് ഈശ്വരന്റെ മേലെ ഉപാധി വെച്ച് പിടിപ്പിച്ചിരിക്കുക ഗണപതിക്ക് കുഴക്കട്ടെ ഉണ്ടാക്കില്ലേ കേരളത്തിൽ ഇവിടെ സമ്പ്രദായം കുറച്ച് മാറ്റപ്പെട്ടു പക്ഷേ ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കുഴക്കെട്ടയ്ക്ക് മോദകം എന്ന് പറയും നമ്മൾ ഇവിടെയും പറയാറുണ്ട് പക്ഷെ വാക്കുകൾ ചിലതൊക്കെ മാറിപ്പോയി സംസ്കൃതത്തില് കൊഴക്കെട്ടയ്ക്ക് മോദകം എന്നാണ് പേര് ഗണപതി കയ്യിൽ വയ്ക്കുന്ന കുഴക്കെട്ടയ്ക്ക് മോദകം എന്നുള്ള വാക്കിനർത്ഥം തന്നെ ആനന്ദം കൊടുക്കണത് അർത്ഥം മോദം എന്നുവച്ചാൽ ആനന്ദം മോദത്തിനെ കൊടുക്കണത് മോദകം ആനന്ദത്തിനെ കൊടുക്കണത് മോദകത്തിന്റെ ഉള്ളില് പുറമേക്ക് മാവ് അകമേക്കുള്ളില് തേങ്ങ ചിരണ്ടി വെല്ലത്തിൽ ഇട്ട് അത് വെക്കും അതിന് നിങ്ങൾ എന്താ പറയാ ചക്കര നാളീകരവും കൂടെ ഇട്ടിട്ട് അതിന് പൂർണ്ണം എന്നാണോ അറിയാം പുറമേക്കുള്ള മാവിന്റെ ഉള്ളില് വെക്കുന്നതിന് പൂർണം എന്നാണ് ഈ മോദകത്തിന്റെ ഉള്ളിലുള്ളത് പൂർണം ഇതൊക്കെ വേദാന്തപരമായി അർത്ഥം വിചാരിച്ചിട്ടാണ് പേര് വച്ചിരിക്കണത് പുറമേക്ക് മാവ് അകമേക്ക് മാധുര്യത്തോടെ ഉള്ളതിന് പൂർണം എന്നാണോ പേര് കുട്ടിക്കാലത്തൊക്കെ വിനായക ചതുർത്ഥിക്ക് ഈ കുഴക്കെട്ടുണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ തന്നാൽ ആ കുട്ടികൾ ഏകദേശം എല്ലാ കുട്ടികളും എന്ത് ചെയ്യുന്ന ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് ആ മാവൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തെക്കുന്നു അപ്പൊ വിചാരിക്കും പോലും ചെയ്യും ഏകദേശം കുട്ടികളൊക്കെ അങ്ങനെയാണ് ചെയ്യാം അവര് എന്തിനാ ഈ മെനക്കെട്ടെ ഈ പൂർണ്ണം ഈ സ്വാദ് പൂർണ്ണത്തിന്റെ ആണ് മാവിന്റെ അല്ല പിന്നെ ഈ പൂർണത്തിന്റെ മേലെ ഈ മാവെന്തിനാ ഇങ്ങനെ മുകളിൽ വെക്കണത് അതിന്റെ ആവശ്യം എന്താ ഈ വെറുതെ പൂർണ്ണം നന്നാ പോരെ ഞങ്ങൾ തിന്നോളും ഇതെന്ന് ചതുർത്ഥിക്ക് കുഴക്കട്ടെ ഉണ്ടാക്കണോന്ന് പറഞ്ഞാൽ വൈകുന്നേരം മുതൽ ടെൻഷനാണ് അതൊന്ന് കഴിഞ്ഞു കിട്ടണമല്ലോ സന്ധ്യായിട്ട് പൂജിച്ചിട്ടേ തരുകയുള്ളൂ എന്ന് പറഞ്ഞു അതിന് ഈ മാവൊക്കെ ഇട്ട് ഇങ്ങനെ പെരട്ടി പെരട്ടി ഈ മാവൊന്നും വേണ്ടല്ലോ ഈ തേങ്ങാ പൂർണ്ണം മതി അപ്പൊ ഈ പൂർണ്ണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അതിന്റെ മേലെ ഒരു മാവ് പൊതിഞ്ഞിട്ട് തരും കുട്ടികളെ മാവ് കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തിന്നും വലിയവർക്ക് മാവോടെ തിന്നണം ജ്ഞാനികൾ കുട്ടികളെ പോലെയാണ് ജ്ഞാനികൾ മാവിനെ കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തിന്നും കുട്ടികളെ പോലെയാണ് വലിയവർക്ക് വാസ്തവത്തിൽ സ്വാദ് ഏതിന്റെ ആ മാവിന്റെയോ പൂർണത്തിന്റെയോ സ്വാദ് ഉള്ളിലുള്ള പൂർണത്തിന്റെയാണ് മാവിന്റെ അല്ല ആ പൂർണമില്ലെങ്കിൽ വെറും മാവ് ആരും തിന്നില്ല പക്ഷെ മാവില്ലെങ്കിൽ പൂർണ്ണമാരും തിന്നും അല്ലേ മാവില്ലെങ്കിലും തേങ്ങാ ചിരകി ഇട്ടത് വെല്ലത്തിൽ ആരും തിന്നും വെറും മാവ് ആരും തിന്നില്ല ആ മാവിന് ഈ കൂടെ ചേരുമ്പോഴാണ് ഒരു സ്വാദ് ഉണ്ടാവണത് എന്നിട്ട് ആ മാവിന്റെ ഉള്ള കൂടെ പൂർണത്തിനെ ആസ്വദിക്കുന്നതിൽ അജ്ഞാനികൾക്കൊരു രസം എന്നാണ് നമുക്ക് ഈ തത്വം പഠിപ്പിക്കുകയാണ് ലൗകികന്മാർക്ക് മാവിലൂടെ പൂർണ്ണത്തിനെ ആസ്വദിക്കണം കുട്ടികള് മാവിനെ കളഞ്ഞിട്ട് പൂർണ്ണ അതാണ് കുട്ടികളെ പോലെ ആയാലേ നമുക്ക് ഭഗവാനെ കിട്ടുകയുള്ളൂ എന്ന് പറയാൻ കാരണം അതാണ് കുട്ടികള് നല്ല വിവേകമാണോ കുട്ടികളുടെ ഉള്ളില് മാവിനെ കളഞ്ഞിട്ട് പൂർണ്ണം തിന്നുന്ന പോലെ ജ്ഞാനികളും ഈ പുറമേക്കുള്ള മാവാണ് ഈ ശരീരമേ ഈ ശരീരത്തിന്റെ ഉള്ളില് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ പൂർണ്ണം വർത്തിക്കുന്നു ഇപ്പൊ നമ്മൾ കണ്ണിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും നാവിലൂടെയും ഒക്കെ ഈ പൂർണത്തിന്റെ രസത്തിനെയാണ് ഉള്ളിലുള്ള ഈ പൂർണ്ണത്തിന്റെ രസത്തിനെയാണ് ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ഒക്കെ അനുഭവിക്കുന്നത് പക്ഷെ അല്പം ഉപ്പുരസത്തോടുകൂടെ മാധുര്യം അനുഭവിക്കുന്നു ഞാനീകൾ എന്ത് ചെയ്യുന്നു ഈ ഉപ്പുരസത്തിന്റെ ഈ മാവ് മാറ്റിയിട്ട് മാധുര്യം അനുഭവിക്കുന്നു അപ്പോ സ മോദത്തെ മോദനീയം ഹി ലബ്ധ്രുതി തന്നെ ആ വാക്ക് പ്രയോഗിക്കുന്നു മോദകം കിട്ടി ജ്ഞാനി മോദിക്കുന്നുാനികൾ മോദകം തിന്നിട്ട് മോദിക്കുന്നു ഹി ലബ്ധ യഥാർത്ഥം മോദകം തിന്നുന്നു എന്നാണ് മാവ് കളഞ്ഞിട്ട് ഉള്ളിലുള്ളത് തിന്നുന്നു അപ്പോ യഥാർത്ഥത്തിൽ സത്യത്തിനെ പുറംചട്ട നീക്കിയിട്ട് കണ്ടാൽ പൂർണ്ണ തൃപ്തി ഉണ്ടാകും ആ പുറംചട്ട നീക്കിയിട്ട് സത്യത്തിനെ അനുഭവിക്കുന്നതിനുള്ള മാർഗത്തിന് പേരാണ് യോഗം സത്യം ഒന്നും പുതിയതായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത് സത്യത്തിനെ തന്നെയാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത് ഭഗവാനെ തന്നെയാണ് ഈശ്വരനെ അല്ലാതെ വേറെ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല കൃഷ്ണൻ ജനിച്ചു വീണപ്പോ വസുദേവർ ഭഗവാനെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയിൽ വസുദേവർ പറയുന്നു കൃഷ്ണ ആത്മാവിനെ വിട്ടിട്ട് ഇവിടെ പ്രപഞ്ചമുണ്ട് എന്ന് പറയുന്നവൻ മഠയനാണ് ആത്മനാ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വ്യതിരേകത അബുധ സ്വ്യതിരേകത താൻ എന്നുള്ള ആ അനുഭവം മാറ്റി നിർത്തിയാൽ ദൃശ്യപദാർത്ഥങ്ങളെ ആരനുഭവിക്കും ആര് കാണും അപ്പൊ ദൃശ്യപദാർത്ഥ പ്രപഞ്ചം ഒക്കെ അനുഭവിക്കുന്നത് താൻ എന്നുള്ള ആ ഉണർവിലൂടെയാണ് ആ ഉണർവാണ് പ്രപഞ്ചത്തിനെ മുഴുവൻ അനുഭവിപ്പിക്കുന്നത് ആ ഉണർവ് പൂർണ്ണമാണ് ആ ഉണർവിനെ ശരീരത്തിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കുന്നു പക്ഷെ യോഗസ്ഥിതി എത്തുമ്പോൾ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ ഉണർവിനെ അനുഭവിക്കും ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ ഓരോന്നോരോന്നായി പിരിച്ചു ദേഹം ഞാനല്ല ഞാൻ എന്നുള്ളത് ഉണ്ട് എന്നുള്ള അനുഭവമാണ് അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇല്ല എന്നുള്ള അനുഭവമാണ് എന്നുവെച്ചാൽ അതിന് സ്വയമേവ ഉണ്ടെന്നുള്ള അനുഭവമില്ല അപ്പൊ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരാദികളൊന്നും ഞാനല്ല ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം ദേഹത്തിന് എന്തെങ്കിലും വൈഷമ്യം വരുമ്പോഴും ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചോളണം ഇത് ദേഹത്തിനെ ഉള്ളു എനിക്കില്ല മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന് ഉപദേശിക്കണം എട്ടാമത്തെ അധ്യായം ഗീതയിലതാണ് നോക്കണം ഭഗവത്ഗീത ഒരു ഫിലോസഫിയല്ല ജീവിതശാസ്ത്രമാണ് അത് ശരിക്ക് പ്രയോജനപ്പെടുത്താൻ അറിയണമെങ്കിൽ നമുക്ക് കണ്ണുവേണം അല്ലെങ്കിൽ അത് കാണില്ല അത്രയേ ഉള്ളൂ മരിക്കണ ആളെ എങ്ങനെ മരിക്കണം അതിന് മരിക്കാൻ സഹായിക്കാൻ പോലും ഭഗവാൻ അതാണ് അഷ്ടമസ്ഥാനത്തിൽ വെച്ചിരിക്കുന്നു എട്ടാം അധ്യായം ജ്യോതിഷത്തിലൊക്കെ അഷ്ടമസ്ഥാനം എന്ന് പറയുമല്ലോ മരണത്തിന്റെ സ്ഥാനം മരിക്കാൻ ഉള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് മരിക്കാൻ കിടക്കുന്ന ജീവനെ പതുക്കെ അടുത്ത് ചെന്നിട്ട് അയ്യോ ഞങ്ങളെ വിട്ടിട്ട് പോണല്ലോ ഞങ്ങൾക്ക് ആരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അല്ലെങ്കിലേ അവിദ്യ പെരുത്തിട്ടാണ് ഇനി കുറച്ചുകൂടെ പെരുത്തിട്ട് ദുഃഖിച്ചിട്ട് മരിക്കും ദുഃഖിച്ചിട്ട് മരിക്കും അതുകൊണ്ട് മരിക്കുമ്പോ പതുക്കെ അവരെ ഓർമ്മിപ്പിക്കണം ഈ കാണുന്നതൊന്നും സത്യമല്ല വേറെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേറെ എന്ത് സഹായം ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യുന്ന ശ്രാദ്ധവും അതും ഇതും വെറും സ്ഥൂല മണ്ഡലമാണ് ഇതൊന്നും അന്തരാത്മാവിനെ സ്പർശിക്കുകയില്ല അതൊക്കെ നമ്മളുടെ നന്മയ്ക്ക് ശരി നമുക്കൊരു ശ്രദ്ധ കാണിക്കാൻ ശരി ആ ജീവനെ എങ്ങനെ സഹായിക്കും സഹായിക്കാൻ വഴിയേ ഉള്ളൂ ആ സമയത്ത് പതുക്കെ അടുത്ത് ചെന്ന് ബോധിപ്പിക്കണം ഈ ഞങ്ങളെ ഒന്നും വിശ്വസിക്കരുത് അച്ഛനോ മുത്തശ്ശനോ ആണെങ്കിൽ അച്ഛ ഞങ്ങളെയൊന്നും വിശ്വസിക്കരുത് ഞങ്ങളൊക്കെതാ ഈ മണ്ഡലത്തോട് നിങ്ങൾ വിട്ടുപോകും ഞങ്ങളോ ഈ പ്രപഞ്ചമോ ഒന്നും ഉണ്മയല്ല ഇതൊക്കെ നശ്വരമാണ് ഇതിനൊക്കെ മറക്കുക ഹൃദയത്തില് സ്വയം ജ്യോതിസ്വരൂപനായിട്ട് കാണുന്ന ഭഗവാനെ ധ്യാനിക്കൂ കൃഷ്ണനെ ധ്യാനിക്കൂ ശിവനെ ധ്യാനിക്കൂ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കൂ ഭഗവാനെ ഹൃദയത്തില് നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത വസ്തുവാണ് ഭഗവാൻ ആ ഭഗവാൻ മാത്രം ഉണ്മ എന്ന് സ്വീകരിക്കാം ഈ ശരീരം കുറച്ചു കഴിഞ്ഞാൽ അശ്വരം അസ്തമിച്ചു പോകും ഈ ശരീരം ഞാനല്ല ശരീരം അങ്ങല്ല അങ്ങയുടെ ഉള്ളില് പൊന്തി വരുന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സ് അങ്ങല്ല ബുദ്ധി അങ്ങല്ല അങ്ങ് ആത്മാവാണ് പതുക്കെ ബോധിപ്പിക്കണം ശങ്കരാചാര്യസ്വാമികൾ പോലും തന്റെ അമ്മ മരിക്കുമ്പോ അടുത്തു വന്നിരുന്ന് പതുക്കെ ഇത് പറഞ്ഞുകൊടുത്തു എന്നാണ് അമ്മയ്ക്ക് അമ്മയെ സഹായിച്ചു എന്നാണ് ആദ്യം വിഷ്ണുവിന്റെ ദർശനം ശിവദർശനം പിന്നെ വിഷ്ണു ഇതൊക്കെ കഴിഞ്ഞ് ആത്മതത്വം ഉപദേശിച്ചു അമ്മയ്ക്ക് ഭഗവാൻ രമണ മഹർഷി തന്റെ അമ്മ മരിക്കുമ്പോ ആറു മണിക്കൂർ നേരെ അടുത്തിരുന്നു അനേക വർഷങ്ങൾ അവസാനം കൂടെ താമസിച്ചത് പതുക്കെ പതുക്കെ അമ്മയ്ക്ക് വേദാന്തം ഉപദേശിച്ചു കൊടുത്തു അമ്മ വയസ്സായിട്ടും പഴയ വാസനയൊന്നും പോയില്ലേ മഹർഷിയുടെ കൂടെ വന്നിരുന്നിട്ടും നമ്മൾ ഇവിടെ പപ്പടം കൂട്ടണ പോലെ തമിഴ്നാട്ടിലൊക്കെ അപ്പളം ഉണ്ടാക്കും അപ്പളം ഉണ്ടാക്കാനുള്ള വാസന അമ്മയ്ക്കുണ്ടായിരുന്നു ആ മകന് നല്ലവണ്ണം രുചിയോടെ ഊണ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാവും ജീരകവും പെരണ്ട രസവും ചങ്ങലം പെരണ്ടെന്ന് പറയല്ലോ ഈ വെള്ളി വെള്ളി വെള്ളിയായിട്ട് ചങ്ങല പെരണ്ട രസവും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഉരുട്ടി ഉരുട്ടി അപ്പളം ഉണ്ടാക്കുമ്പോ മഹർഷിയെ സഹായിക്കാൻ വിളിച്ചു ഒരുപാട് ഉരുട്ടി വെച്ചുവേ അപ്പൊ മഹർഷി പറഞ്ഞു ഇനി ഈ വാസനയൊന്നും പോയില്ലേ അല്ലേ ഇപ്പൊ അപ്പളം ഉണ്ടാക്കി തിന്നാൽ തൽക്കാലത്തേക്ക് ആശ് ശമിക്കും കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നും ഇത് അസ്തമിക്കാതെ പോവും ഞാനൊരു അപ്പളം ഉണ്ടാക്കിത്തരാം ആ അപ്പളം തിന്നാൽ ഇനി അപ്പളം തിന്നാനല്ല വേറെ ഒന്നും തിന്നാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അപ്പളപ്പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി ആ പാട്ടിൽ മുഴുവൻ വേദാന്തമാണ് അപ്പളമിട്ട് പാരു ാശയ തീര് അപ്പഴമിട്ട് പാരു ഇതാണ് ആ പാട്ട് ഞാനൊരു അപ്പളം ഉണ്ടാക്കി തരാം ആ അപ്പളം തിന്നാൽ പിന്നെ ഒന്നും തിന്നാൻ ആഗ്രഹം ഉണ്ടാവില്ല എന്നാണ് ആ അപ്പളത്തിന്റെ സാമഗ്രികളൊക്കെ പറയുന്നുണ്ട് ഉം നാൻ നാൻ എന്ന് കലങ്കാമൻ സത്സംഗമാകും പിരണ്ടൈ രസത്തുടൻ ശമതമമാകും ജീരകമിളകുടൻ ഉം നൽവാസനയാം പെരുങ്കായവും ചേത്ത് അപളമിട്ട് പാരി സത്സംഗമാവുന്ന പെരണ്ട ഈ പെരണ്ട ചങ്ങലം രസം അതിൽ ചേർക്കും ആ പെരണ്ട രസം ചേർത്ത് കഴിഞ്ഞാൽ വയറൊഴിഞ്ഞു പോകുന്ന അതുപോലെ സത്സംഗമാവുന്ന ഈ രസം ചേർത്താൽ മനസ്സൊഴിഞ്ഞു പോകും മനസ്സിലുള്ള വാസനകളൊക്കെ ഒഴിഞ്ഞു പോകും സമതമം മനസ്സിന്റെ അടക്കം ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹമാകുന്ന ജീരകവും വിളകവും ഒക്കെ ചേർത്ത് ഉൺമുഖലക്കയാൽ ഓയാതിടിത്ത് അന്തർമുഖം ജ്ഞാന വിചാരമാവുന്ന ഒലക്ക കൊണ്ട് ഉള്ളിലിടിക്കണം എന്നാണ് അഹങ്കാരമാവുന്ന ഉഴുന്നിനെ ഇടിച്ചു എന്നിട്ട് താനേ താനായി അനുഭവിക്കുന്ന തന്മയ രൂപത്തിലുള്ള അപ്പളം അത് ഉണ്ടാക്കിയാൽ ഒന്നും തിരാൻ ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ അമ്മയെ ബോധിപ്പിച്ച് ബോധിപ്പിച്ച് മരിക്കാൻ കാലത്ത് അടുത്തിരുന്ന് ആറു മണിക്കൂർ നേരം തലയ്ക്കൊരു കൈവച്ച് നെഞ്ചിലൊരു കൈവെച്ച് എത്രയോ ജന്മങ്ങളായി അനുഭവിക്കേണ്ട വാസനകൾ ഒന്നൊന്നായി പൊന്തി വന്ന് അസ്തമിച്ചു കൊണ്ടു തത്വോപദേശം ചെയ്ത് ഹൃദയത്തില് അടക്കിക്കളഞ്ഞു എന്നാണ് നനസ് നിശേഷം ഹൃദയത്തിൽ അടങ്ങി ഞാൻ ദേഹമോ ശരീരമോ ശരീരമോ മനസ്സോ അഹങ്കാരമോ അല്ല ശുദ്ധമായ പ്രജ്ഞയാണ് ബോധമാണ് ആത്മാവാണെന്നുള്ള അനുഭവം തെളിഞ്ഞു പ്രകാശിച്ചു ആ അനുഭവത്തിൽ എത്തുന്നവരെ സഹായിച്ചടുത്തു തന്നു എന്നാണ് മൃത്യുവിന് സഹായിച്ചു എന്നാണ് അപ്പോ ആ ഒരു ശാസ്ത്രമാണ് ഗീത ധ്യാനം അതിനാ എപ്പോൾ വരും എന്നറിയില്ല നമുക്ക് നമ്മളുടെ കൂടെ ഓരോ ദിവസം കഴിയുമ്പോഴും ആയുസില് ഒരു ദിവസം പോയി മരണം മുമ്പിൽ നിൽക്കണുണ്ടെന്നാണ് അപ്പൊ മരണത്തിന് ശേഷമില്ലാതാക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ മരണമില്ലാത്ത സ്വരൂപത്തിനെ പിടിച്ചോളണം സ്വസ്വരൂപത്തിനെ ശ്രദ്ധിച്ചോളണം അതിനാണ് ധ്യാനം ധ്യാന ഭഗവാനെ ധ്യാനിക്കുന്നു അപ്പൊ ധ്യാനം നമുക്ക് യോഗസ്ഥിതിയിലേക്ക് എത്തിക്കും ആ ധ്യാനത്തിനുള്ള വഴിയാണ് ഭഗവാൻ ഇതിനു പറഞ്ഞു ഏകാന്ത സ്ഥാനത്തിൽ ഏകാന്തേ സുഖമാസ്യതം സമാധീയതാം ഏകാന്തത്തിലിരിക്കാൻ നമുക്ക് മനസ്സ് കുറെ ഒക്കെ അടങ്ങിയാൽ തനിയെ ഇരിക്കാൻ സുഖം തോന്നും ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ വേണ്ടി വരും അല്ലെ കൂടെ ബോറടിക്കണോ ബോറടിക്കണോന്ന് പറയും നമുക്ക് തനിയെ ഇരിക്കാനൊരു സുഖം ഏകാന്തയെ സുഖമാസ്യതാം ഏകാന്തത്തിലിരുന്ന് പതുക്കെ പതുക്കെ മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ആത്മാവിൽ മനസ്സിനെ നിർത്തുന്നു ശരീരത്തിലല്ല സ്വരൂപത്തിൽ മനസ്സിനെ നിർത്തുന്നു അതിന് എന്തെങ്കിലും പ്രണവമോ ഏതെങ്കിലും നാമമോ നിരന്തരം ജപം ചെയ്യുന്നു അങ്ങനെ ജപം ചെയ്ത് ജപം ചെയ്ത് ജപം ചെയ്ത് ജപവും ഇല്ലാതെ ചിത്തവൃത്തികളൊന്നുമില്ലാതെ നിശ്ചലമായിട്ട് സച്ചിദാനന്ദ സ്വരൂപമായ അവബോധത്തില് പ്രജ്ഞയില് നിൽക്കുക അപ്പോ അതിനെ സമാധിസ്ഥിതമായ മനസ്സ് എന്ന് പറയുന്നു യോഗസ്ഥിതമായ മനസ്സ് എന്ന് പറയുന്നു അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം യഥാ ആത്മന്യേ നിസ്പൃഹസാഭ്യോ യുക്ത്യത്തെ തദാ യഥാ വിനിയം ചിത്തം യഥാ എപ്പോഴാണോ ചിത്തം ചിത്തം എന്ന് വെച്ചാൽ മനസ്സ് ഉള്ളിലുള്ള ചിത്തവൃത്തികളുടെ പ്രവാഹം വിനിയതം എന്ന് വെച്ചാൽ പുറമേക്ക് പോകുന്നതിൽ നിന്നും തടസ്സ തടയപ്പെട്ട് അകമേക്ക് തിരിഞ്ഞിരിക്കുന്നു അകമേക്ക് എപ്പോ തിരിയും അകമേ രുചി തോന്നുമ്പോ അകമേക്ക് തിരിയും അങ്ങനെ അകമേ തിരിഞ്ഞ് ആത്മനിയേവ അവതിഷ്ഠത ആത്മാവിൽ തന്നെ ഇരിക്കുന്നുന്ന് ഹൃദയമാവുന്ന താമരയിലിരുന്ന് തേനുണ്ട് തുടങ്ങുന്നു അപ്പോ അകമേക്ക് തിരിഞ്ഞ് ആത്മനിയേവ അവതിഷ്ഠത തന്നിൽ താനായി തന്മയ സ്വരൂപത്തില് നിൽക്കുന്നു നിസ്പൃഹ സർവകാമേഭ്യ പുറമേക്കുള്ള ഒരു കാമനകളിലും സ്പൃഹയില്ലാതായിട്ട് തീരുന്നു ഒന്നുകൊണ്ടും പുറമേക്ക് ഓടുന്നില്ല പുറമേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലല്ലേ പോകുള്ളൂ പുറമേക്ക് പോവാൻ ഒരാഗ്രഹവും ഇല്ലാത്ത ആൾക്ക് സുഖമായി അകമേക്കിരിക്കാം ഋഷികേഷെ ഒരിക്കൽ ഗോഹത്യക്കെതിരെ സന്യാസികളൊക്കെ സ്ട്രൈക്ക് നടത്തി കുറെ സന്യാസിമാർ ഒരു പത്ത് പതിനഞ്ച് പേർ സന്യാസിമാർ ഗോഹത്യക്കെതിരെ സമരം ചെയ്തു പശു കൊല്ലുന്നതിനെതിരെ അപ്പൊ ഈ പതിനഞ്ച് ഒന്ന് വരട്ടാൻ തീരുമാനിച്ചിട്ട് സർക്കാർ എന്ത് ചെയ്തു പതിനഞ്ച് പേരെയും ജയിലിലിട്ട് ഒരാഴ്ച ജയിലിൽ ഇട്ടു ഒരാഴ്ച കഴിഞ്ഞ് തുറന്നു വിട്ടപ്പോ ഇനി അവര് വരില്ല എന്നുള്ള ധൈര്യത്തിൽ ഒരാഴ്ച തുറന്നു വിട്ടു അടുത്ത ദിവസം അറുനൂറ് എഴുനൂറ് സന്യാസിമാരവിടെ വന്നു എന്താന്ന് വെച്ചാൽ ഈ പതിനഞ്ച് പേര് പുറത്തുപോയി പറഞ്ഞു എത്ര നമുക്ക് ഈ ഛത്രത്തില് വെറും ചപ്പാത്തിയാണ് കിട്ടുന്നത് ജയിലില് ചപ്പാത്തിയും ദാളും കിട്ടേണ്ടതെന്നാണ് പതിനഞ്ച് പേര് പോയി പറഞ്ഞപ്പോ ഈ ഭിക്ഷാന്ഹികൾ പുറം ലോകത്തിൽ ഒന്നും ചെയ്യാനില്ലാത്തവരെ പിടിച്ച് അകത്തിട്ടാൽ എന്ത് പ്രയോജനം അവര് സുഖമായി അവിടെ ഇരിക്കും അപ്പൊ പുറത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലാണ് അകത്തിരുത്തുക എന്നുള്ളത് വിഷമം പുറത്തൊന്നും ചെയ്യാനോ നേടിയെടുക്കാനോ ഇല്ലെങ്കിൽ അകത്തിരിക്കാൻ എന്ത് വിഷമം അകത്ത് സുഖമായിട്ടിരിക്കും അല്ലെ പുറമേക്കുള്ളതൊക്കെ മതിയായാൽ അകമേ സുഖമായി രോധ സ്ഥ ശ്രമേണ പതികോർവൃഷ്ടിതീതസ്വസ്ഥ ഗൃഹം ഗൃഹസ്ഥിഥി ദീന പ്രഭും ധാർമികം ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമി പറയുന്നു വെള്ളത്തില് പെട്ട് അലയില് കുറെ വെള്ളം കുടിച്ച് മരിക്കുന്നുള്ള ഘട്ടത്തില് ഒരലയടിച്ച് അയാളെ കരക്കിട്ടാൽ അയാള് പിന്നീട് വെള്ളത്തിൽ ചാടുവോ നടന്ന് നടന്ന് ഒരു വീട് കാണാതെ അലഞ്ഞു നടക്കുന്ന ആള് അവസാനം ഒരു തണുത്ത വൃക്ഷം കാണുമ്പോ വെയിലത്ത് നടന്ന ആൾ ആ വൃക്ഷത്തിന് ചോട്ടലിരുന്നാ പിന്നീട് വെയിലത്ത് പോവോ പേടിച്ച് പേടിച്ച് ഇരുട്ടത്ത് നടന്നു വന്ന